എന്നാൽമർ നീ മിത്യാന്രോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത് ഇങ്ങനെ ഞങ്ങളോട് ചെയ്യുവാൻ എന്ത് സംഗതിയെന്ന് പറഞ്ഞ് അവനോടുഗ്രമായി വാദിച്ചു അതിനവൻ നിങ്ങളോട് ഒത്തുനോക്കിയാൽ ഞാൻ ഈ ചെയ്തത് എന്തുള്ളൂ അബിയസരന്റെ മുന്തിരിയെടുപ്പിനേക്കാൾ യഫ്രൈമിന്റെ കാലാപെറക്കയല്ലയോ നല്ലത് നിങ്ങളുടെ കൈയിലല്ലോ ദൈവം മിഥ്യാന്യപ്രഭുക്കളായ ഓരേബിനെയും സേബിനെയും ഏൽപ്പിച്ചത് നിങ്ങളോടൊത്തുനോക്കിയാൽ എന്നെക്കൊണ്ട് സാധിച്ചത് എന്തുള്ളൂ എന്ന് അവരോട് പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ അവർക്ക് അവനോടുള്ള കോപം ശമിച്ചു അനന്തരം ഗിതയോൻ ോർദാങ്കലെത്തി അവനും കൂടെയുള്ള മുന്നൂറ് പേരും ക്ഷീണിച്ചിരുന്നിട്ടും അവരെ പിന്തുടരുവാൻ അക്കരെ കടന്നു അവൻ സൂക്കോത്തിലെ നിവാസികളോട് എന്റെ കൂടെയുള്ള പടജനത്തിന് അപ്പം കൊടുക്കേണമേ അവർ ക്ഷീണിച്ചിരിക്കുന്നു ഞാൻ മിത്യാന്യ രാജാക്കന്മാരായ സേബഹിനെയും സൽമുന്നയേയും പിന്തുടരുകയാവുന്നു എന്ന് പറഞ്ഞു നിന്റെ സൈന്യത്തിന് ഞങ്ങൾ പ്പം കൊടുക്കേണ്ടതിന് സേബിന്റെയും സൽമുന്നയുടെയും കൈകൾ നിന്റെ കക്ഷത്തിലാകുന്നുവോ എന്ന് സൂക്കോത്തിലെ പ്രഭുക്കന്മാർ ചോദിച്ചു അതിന് ഗിതയോയി ആകട്ടെ യഹോവ സേബഹിനെയും സൽമുന്നയേയും എന്റെ കൈയിൽ ഏൽപ്പിച്ച ശേഷം ഞാൻ നിങ്ങളുടെ മാംസം കാട്ടിലെ മുള്ളുകൊണ്ടും പറക്കാര കൊണ്ടും തല്ലിക്കീറും എന്നു പറഞ്ഞു അവിടെ പെനുവേലിലേക്ക് ചെന്ന് അവരോടും അങ്ങനെ ചോദിച്ചു സൂക്കോത്ത് നിവാസികൾ ഉത്തരം പറഞ്ഞതുപോലെ തന്നെ നിവാസികളും പറഞ്ഞു അവൻ പെനുവേൽ നിവാസികളോട് ഞാൻ സമാധാനത്തോടെ മടങ്ങിവരുമ്പോൾ ഈ ഗോപുരം ഇടിച്ചു കളയും എന്നു പറഞ്ഞു എന്നാൽ സേബഹും സൽമുന്നയും അവരോടുകൂടെ കിഴക്കുദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചിരുന്ന ഏകദേശം പതിനയ്യായിരം പേരായ അവരുടെ സൈന്യവും കർക്കൂരിൽ ആയിരുന്നു വാളൂരിപ്പിടിച്ചവരായ ലക്ഷത്തിനായിരം പേർ വീണുപോയിരുന്നു ഗിതയോൻ നോബഹിനും യോഗബേഹയ്ക്കും കിഴക്കുള്ള കുടാരവാസികളുടെ വഴിയായി ചെന്ന് നിർഭയമായിരുന്ന ആ സൈന്യത്തെ തോൽപ്പിച്ചു സേബഹും സൽമുന്നയും ഓടിപ്പോയി അവൻ അവരെ പിന്തുടർന്നു സേബഹ് സൽമുന്ന എന്ന രണ്ട് മിത്യാന്യ രാജാക്കന്മാരെയും പിടിച്ചു സൈന്യത്തെയൊക്കെയും പേടിപ്പിച്ച് ചിതർച്ചുകളഞ്ഞു അനന്തരം യോവാശിന്റെ മകനായ ഗിതയോൻ യുദ്ധം കഴിഞ്ഞിട്ട് ഹേരസ് കയറ്റത്തിൽ നിന്ന് മടങ്ങിവരുമ്പോൾ സൂക്കോത്ത് നിവാസികളിൽ ഒരു ബാല്യക്കാരനെ പിടിച്ച് അവനോട് അന്വേഷിച്ചു അവൻ സൂക്കോത്തിലെ പ്രഭുക്കന്മാരും മൂപ്പന്മാരുമായ പേർ അവൻ എഴുതി അവൻ സൂക്കോത്ത് നിവാസികളുടെ അടുക്കൽ ചെന്നു ക്ഷീണിച്ചിരിക്കുന്ന നിന്റെ ആളുകൾക്ക് ഞങ്ങളപ്പം കൊടുക്കേണ്ടതിന് സേബഹിന്റെയും സൽമുന്നയുടെയും കൈകൾ നിന്റെ കക്ഷത്തിൽ ആകുന്നുവോ എന്ന് നിങ്ങൾ എന്നെ തിക്കരിച്ചു പറഞ്ഞ സേബഹും സൽമുന്നയും ഇദാ എന്നു പറഞ്ഞു അവൻ പട്ടണത്തിലെ മൂപ്പന്മാരെ പിടിച്ച് കാട്ടിലെ മുള്ളും പറക്കാരെയും കൊണ്ട് സൂകോത്ത് നിവാസികളെ ബുദ്ധിപഠിപ്പിച്ചു അവൻ പെനുവേലിലെ ഗോപുരം ഇടിച്ച് പട്ടണക്കാരെ കൊന്നുകളഞ്ഞു പിന്നെ അവൻ സേബഹിനോടും സൽമുന്നയോടും നിങ്ങൾ താബോരിൽ വെച്ചു കൊന്ന പുരുഷന്മാർ എങ്ങനെയുള്ളവർ ആയിരുന്നു എന്ന് ചോദിച്ചു അവർ നിന്നെപ്പോലെ ഓരോരുത്തൻ രാജകുമാരനു തുല്യൻ ആയിരുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു അതിനവൻ അവർ എന്റെ സഹോദരന്മാർ എന്റെ അമ്മയുടെ മക്കൾ തന്നെ ആയിരുന്നു അവരെ നിങ്ങൾ ജീവനോടെ വച്ചിരുന്നുവെങ്കിൽ യഹോവയാണെ ഞാൻ നിങ്ങളെ കൊല്ലുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അവൻ ആദ്യ ആദ്യജാതനായ യേധരനോട് എഴുന്നേറ്റ് അവരെ കൊല്ലുക എന്നു പറഞ്ഞു എന്നാൽ അവൻ ചെറുപ്പക്കാരനാകൊണ്ട് പേടിച്ച് വാൾ ഊരാതെ നിന്നു അപ്പോൾ സേബഹും സൽമുന്നയും നീ തന്നെ എഴുന്നേറ്റ് ഞങ്ങളെ വെട്ടുക ആളെപ്പോലെയല്ലോ അവന്റെ ബലമെന്ന് പറഞ്ഞു അങ്ങനെ ഗീതയോൻ എഴുന്നേറ്റ് േബഹിനെയും സൽമുന്യേയും കൊന്നു അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ ചന്ദ്രക്കലകൾ എടുത്തു അനന്തരം ഇസ്രയല്യർ ഗിതയോനോട് നീ ഞങ്ങളെ മിത്യാന്റെ കൈയിൽ നിന്ന് രക്ഷിച്ചിരിക്കു രാജാവായിരിക്കണം അങ്ങനെ നിന്റെ മകനും മകന്റെ മകനും എന്നു പറഞ്ഞു ഗീതയോൻ അവരോട് ഞാൻ നിങ്ങൾക്ക് രാജാവാകയില്ല എന്റെ മകനും ആകയില്ല യഹോവയത്രേ നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു പിന്നെ ഗിതയോൻ അവരോട് ഞാൻ നിങ്ങളോട് ഒന്നപേക്ഷിക്കുന്നു നിങ്ങൾ ഓരോരുത്തൻ കൊള്ളയിൽ കിട്ടിയ കടുക്കൻ എനിക്ക് തരണം എന്നു പറഞ്ഞു അവർ ഇഷ്മർ ആയിരുന്നതുകൊണ്ട് അവർക്ക് പൊൻകടുക്കൻ ഉണ്ടായിരുന്നു ഞങ്ങൾ സന്തോഷത്തോടെ തരാമെന്ന് അവർ പറഞ്ഞു ഒരു വസ്ത്രം വിരിച്ച് ഓരോരുത്തന് കൊള്ളയിൽ കിട്ടിയ കടുക്കൻ അതിലിട്ടു അവൻ ചോദിച്ചു വാങ്ങിയ പൊൻകടുക്കന്റെ തൂക്കം ആയിരത്തി എഴുന്നൂറ് ആയിരുന്നു ഇതല്ലാതെ ചന്ദ്രക്കലകളും കുണ്ടലങ്ങളും മിഥ്യാന്യ രാജാക്കന്മാർ ധരിച്ചിരുന്ന രക്താമ്പരങ്ങളും അവരുടെ ഒട്ടകങ്ങളുടെ കഴുത്തിലെ മാലകളും ഉണ്ടായിരുന്നു ഗിതയോൻ അതുകൊണ്ട് ഒരു എഫോദ് ഉണ്ടാക്കി തന്റെ പട്ടണമായ ഒഫ്രയിൽ പ്രതിഷ്ഠിച്ചു ഇസ്രയേലെല്ലാം പരസംഗമായി അതിന്റെ അടുക്കൽ ചെന്നു അത് ഗിതയോനും അവന്റെ കുടുംബത്തിനും ഒരു കണിയായി തീർന്നു എന്നാൽ മിദ്യാൻ തല പൊക്കാതവണ്ണം മക്കൾക്ക് കീഴടങ്ങിപ്പോയി ഗിതയോന്റെ കാലത്ത് ദേശത്തിന് നാൽപ്പത് സംവത്സരം സ്വസ്ഥതയുണ്ടായി യോവാശിന്റെ മകനായ യരൂബാൽ തന്റെ വീട്ടിൽ ചെന്ന് സുഖമായി പാർത്തു ഗിതയോന് വളരെ ഭാര്യമാരുണ്ടായിരുന്നതുകൊണ്ട് സ്വന്ത മക്കളായിട്ട് തന്നെ എഴുപത് പുത്രന്മാർ ഉണ്ടായിരുന്നു ഷേഖേമിലുള്ള അവന്റെ വെപ്പാട്ടിയും അവനൊരു മകനെ പ്രസവിച്ചു അവന് അബിമേലേഖ് എന്നവൻ പേരിട്ടു യോവാശിന്റെ മകനായ ഗിതയോൻ നല്ല വാർദ്ധക്യത്തിൽ മരിച്ചു അവന് അബിയേസിർക്കുള്ള ഒഫ്രയിൽ അവന്റെ അപ്പനായ യോവാശിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു ഗിതയോൻ മരിച്ച ശേഷം ഇസ്രയേൽ മക്കൾ വീണ്ടും പരസംഗമായി ബാൽ അടുക്കൽ ചെന്ന് ബാൽ ബരീത്തിനെ തങ്ങൾക്ക് ദേവനായി പ്രതിഷ്ഠിച്ചു ഇസ്രേൽ മക്കൾ ചുറ്റുമുള്ള സകല ശത്രുക്കളുടെയും കയ്യിൽ നിന്ന് തങ്ങളെ രക്ഷിച്ച തങ്ങളുടെ ദൈവമായ ഹോവെ ഓർത്തില്ല ഗിതയോൻ എന്ന യരൂബാൽ ഇസ്രയേലിന് ചെയ്ത എല്ലാ നന്മയ്ക്കും തക്കവണ്ണം അവന്റെ കുടുംബത്തോട് ദയാ ചെയ്തതുമില്ല